തങ്ങൾക്ക് ലഭിച്ച യാതൊരു തെളിവുമില്ലാതെ അള്ളാഹുസുബഹാനഹുബത്തയാലായുടെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് തർക്കിക്കുന്നവർ അള്ളാഹുവിന്റെയും വിശ്വാസികളുടെയും അടുക്കൽ അത് വലിയ വെറുപ്പുളവാക്കുന്ന കാര്യമാണ് അഹങ്കാരിയും ധിഖാരിയുമായ ഓരോ ഹൃദയത്തിന്മേലും അള്ളാഹുസുബഹാനഹഹുബത്തയാല ഇപ്രകാരം മുദ്രവയ്ക്കുന്നു